അതെല്ലാ ആനന്ദത്തിന്റെയും ശാന്തിയുടെയും സുഖത്തിന്റെയും സെന്ററാണ് അതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് വെച്ചാൽ സുഖവും ശാന്തി ആനന്ദവും ഒക്കെ അവിടെയാണുള്ളത് എന്നുള്ളതിന് തെളിവെന്താന്ന് വെച്ചാൽ എത്രയോ വർഷമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു നമ്മൾ അല്ലേ ഓരോ ദിവസം വരുമ്പോഴും ചിന്തിച്ചാൽ എന്താ പറയാൻ പോണെന്നറിഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ എന്തിനു അറിയാനാണെങ്കിൽ വന്നിട്ട് കാര്യമേ ഇല്ല ചിലപ്പോ അങ്ങട്ടിങ്ങിട്ട് ചില കഥകൾ മാറ്റം ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും പറയണത് സെയിം പ്രിൻസിപ്പിൾ ഒരേ തത്വത്തിലേക്ക് വീണ്ടും വീണ്ടും വീണ്ടും അതെന്താകണു അതൊരു ഗംഗാസ്നാനമാണ് കാത്താലയാന ഗംഗാസ്നാനമാച്ചാ അപുന്ന് കേക്കറിയ ഗംഗാസ്നാനം എങ്കർക്ക് ആദിശങ്കരർ കാശീ പഞ്ചകം എന്ന് അപൊന്ന് എഴുതിയിരിക്കാൻ ദീപാവലിക്ക് മുഖ്യം ഗംഗാസ്നാനമാണ് അപ്പൊ ദീപാവളിക്ക് രാവിലെ എണീച്ചാൽ ഗംഗാസ്നാനം കഴിഞ്ഞുവോ ചോദിക്കും എവിടെയാ ഗംഗ ഉള്ളത് എവിടെ സ്നാനം ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് നഷ്ടമാവാത്തൊരു ഗംഗയുണ്ട് ആ ഗംഗയ്ക്ക് ചെലവൊന്നുമില്ലപ്പോ കാശിയുമുണ്ട് ശങ്കരാചാര്യസ്വാമികൾ കാശീപഞ്ചകം എന്നൊരു കൃതി എഴുതിയിട്ടാണ് അതിൽ പറയണു കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗ सकल ഭക്തിശ്രദ്ധാ ഗജഗുരുചരണധ്യാനോ പ്രയാഗ വിശ്വശോയ തുറീയ സകല ജനമനഃസാക്ഷിഭൂതോന്തരാത്മാഹേ മതിയത് तीर्थतने തീർത്ഥത്തിനെ ഞാനിവിടെ അന്വേഷിച്ചു പോകണം കാശീക്ഷേത്രം ശരീരം ഈ ശരീരം കാശീക്ഷേത്രം ഗംഗയോ ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗ നമ്മളുടെ ഉള്ളിലുള്ള ജ്ഞാനപ്രവാഹം തന്നെ ഗംഗ ശിവൻ വിശ്വനാഥനോ വിശ്വേഷോയം തുറീയ സകല ജനമനസ്സാക്ഷിഭൂതോന്തരാത്മാള്ളിൽ സാക്ഷിയായി നിൽക്കുന്ന അവബോധം തന്നെ വിശ്വനാഥ് നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ സദ്ഗുരുവിന്റെ ചരണത്തിനെ ധ്യാനം ചെയ്യുന്നത് തന്നെ പ്രയാഗക്ഷേത്രം ശ്രദ്ധ ഭക്തി ശ്രദ്ധ ശ്രദ്ധയും ഉണ്ടെങ്കിൽ അത് തന്നെ ഗയാ ഗയയിലേക്ക് പോയതിന്റെ ഫലമായി ഭക്തിയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഗുരുചരണ ധ്യാനം തന്നെ പ്രയാഗം ആത്മാ തന്നെ വിശ്വനാഥൻ ഗംഗാസ്നാനം എങ്ങനെ ചെയ്യും എന്നുവെച്ചാൽ പുറമേക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കണ മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ അന്തർമുഖമാക്കി ചിത്തവൃത്തികൾക്കൊക്കെ മൂലമായിട്ടുള്ള നിശ്ചലമായ സത്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഒരു കുളിർമ അനുഭവപ്പെടും നല്ല കുളിച്ച് ഫ്രഷായ ഒരു എക്സ്പീരിയൻസ് വരും അത് തന്നെ ഗംഗാസ്നാനം അതുതന്നെ മണിക്കർണികാസ്നാനം എന്നാണ് മനസ് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പതുക്കെ കൊണ്ടുവന്ന് സാ കാശികാഹം നിജബോധരൂപ അഹംരൂപത്തിൽ സ്ഫുരിക്കുന്ന നിജബോധരൂപത്തിൽ സ്ഫുരിക്കുന്ന കാശിയില് മുഖ മനസ് അല എന്താ ശ്ലോകം മനസ്സിങ്ങനെ പുറമേക്ക് ചലിക്കുന്ന മനസ്സിനെ അന്തർമുഖമാക്കി സ്വരൂപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ ഒരു കുളിർമ ഉണ്ടാവും ആ കുളിർമ തന്നെ മണി മണികർണിക അത് മണികർണിക അതിൽ ബുദ്ധി ഒന്ന് മുങ്ങിയാലുണ്ടല്ലോ മണികർണിക സ്നാനത്തിന്റെ ഫലമായി ഗംഗാസ്നാനത്തിന്റെ ഫലമായി ആത്മധ്യാനം തന്നെ ഗംഗാസ്നാനം ആത്മധ്യാനം തന്നെ കാശിക്ഷേത്രം വാസം ആത്മപ്രകാശ ദർശനം തന്നെ ദീപാവലി അതിനു മേലെ ഒരു ദീപത്തിനെ നമ്മൾ എവിടെ കാണും അതിനു ഒരു വെളിച്ചത്തിനെ നമ്മൾ എവിടെ കാണും അതിനു ഒരു പ്രകാശത്തിനെ എവിടെ കാണും ഒരു പരമപ്രകാശത്തിനെ എവിടെ കാണും ടി കെ സുന്ദ്രേശ്വരർ അദ്ദേഹം രമണ മഹർഷിയെ വയസ്സിൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ അന്നുമുതൽ മഹർഷിയുടെ കൂടെ നിഴൽ പോലെ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുമെങ്കിൽ അതിൽ തികസുന്ദരശ കാണാം മലയിൽ നിന്നും ഭഗവാൻ ഇറങ്ങി വരുമ്പോ പുറകെ ഉണ്ടാവും നിഴൽ പോലെ ചുറ്റിക്കൊണ്ടിരിക്കും ആ അദ്ദേഹം തന്നെ ഒരു ഋഷിയാണ് രണ്ടു രൂപ ശമ്പളം കിട്ടും സ്കൂൾ ടീച്ചറാണ് സ്കൂളിൽ ചിലപ്പോൾ നേരെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ആരെയും കുട്ടികളും ഉണ്ട് അദ്ദേഹത്തിന് വരുന്ന വഴിയിൽ ചിലപ്പോൾ ആരെങ്കിലും ഭിക്ഷക്കാർ കൈ നീട്ടിയാൽ ആ രണ്ടു രൂപ എടുത്തു കൊടുത്തോളി പരമവിരക്തൻ മഹാഭക്തൻ ഒരു ദിവസം രാത്രി ഭഗവാൻ പറഞ്ഞു ദീപാവളിക്ക് തലേദിവസം രാത്രി പറഞ്ഞു നാളേക്ക് ദീപാവളി ഇല്ലാ വീട്ടിൽ പോ വീട്ടിൽ പോയി നേരത്തെ പോയി വീട്ടിൽ പോയി രണ്ടര മണിക്ക് കുളിച്ച് രാവിലെ മൂന്ന് മണിയാവുമ്പോഴേക്കും തിരിച്ച് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ദീപത്തിനെ കാണണം എന്നാണ് ഭഗവാനാണ് ദീപം ഗുരുവാണ് ദീപം അവിടെ ഗംഗാസ്നാനം കഴിഞ്ഞു എന്ന് ചോദിക്കും ആളുകള് അല്ലെ ഇദ്ദേഹം അവിടെ വന്നിരുന്നു മൂന്നും മൂന്നര മണിയാവുമ്പോ മഹർഷി എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടില്ല മുമ്പിൽ വന്നിരുന്നു ടി കെസ് പറഞ്ഞു പിന്നീട് ആ പ്രസന്നതയില് നിശ്ചലമായ സൈലൻസ് അതിലെങ്ങനെ ഇരുന്നു മൂന്നര മണിക്ക് ഇരുന്നതേ അറിയുള്ളൂ പിന്നെ കുറച്ചു കഴിഞ്ഞ് പ്രജ്ഞ വരുമ്പ സമയം ആറര മണി ഏഴുമണി ആയിക്കഴിഞ്ഞു അപ്പൊ ആളുകളൊക്കെ ആള് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് തന്നെ ഏറ്റവും വലിയ ഗംഗാസ്നം ശരീരപ്രജ്ഞ ഇല്ലാത്ത സ്ഥിതി നിർവൃത്തി ആനന്ദ നിർവൃത്തി ഏർപ്പെടുന്ന അനുഭവം ആ ശാന്തി സത്സംഗം തന്നെ ഗംഗ സത്സംഗത്തിലിരിക്കുന്നവർക്ക് മറ്റൊരു വിശേഷവും വേണ്ട സത്സംഗം ദിവസം സെലിബ്രേഷനാണ് ഉത്സവമാണ് സത്സംഗം വിട്ട് പിരിയുമ്പോഴാണ് നമ്മൾ നമ്മളുടെ സ്വരൂപം വിട്ട് പിരിയുന്നത് ടി കെ സുന്ദരേശ്വരയ്യർ ഒരു മഹർഷി സ്കന്ധാശ്രമത്തിലിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് നമ്മളുടെ മനസ്സ് നമ്മളെ പറ്റിക്കലാണ് അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി ഞാൻ എത്ര കാലമായിട്ട് മഹർഷിയുടെ കൂടെ ഇരിക്കുന്നു ഞാനും ആ സ്ഥിതിയിലിരിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇനി അത്തരത്തിലൊരു സ്റ്റേജ് ഞാൻ ധ്യാനിച്ച് അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തണവരെ ഇനി അദ്ദേഹത്തിനെ കാണില്ല എന്ന് തീരുമാനിച്ചു കട്ടിച്ചു പിടിച്ചിരുന്നു അദ്ദേഹം കാണാതെ കൃത്യം നൂറ് ദിവസം കണ്ടില്ല കൃത്യം ഹൺഡ്രഡ് ഡേയ്സ് അത് അദ്ദേഹത്തിന് കണക്കൊന്നു പറഞ്ഞില്ല കണ്ടില്ല അവസാനം സഹിക്കവയ്യാതെ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഓടി പോകുമ്പോ മലയിൽ നിന്ന് മോളിൽ നിന്നും മഹർഷി ഇറങ്ങി വന്നിട്ട് ഓടിപ്പോയി ഇദ്ദേഹം കാലിൽ വീണ് നമസ്കരിച്ചപ്പോ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു ഭഗവാനെ ഞാനൊരു മഠയൻ അങ്ങേ പിരിഞ്ഞ് എനിക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു തത്സംഗത്തിന് വിട്ടിട്ട് വേറെ എന്ത് ധ്യാനം വേറെ എന്ത് യോഗം അവിടെ ഇരുന്ന് തനിച്ച് എന്തോ കിട്ടാൻ പോകണമെന്ന് വിചാരിച്ച് ഞാൻ മടങ്ങിയിരുന്നു അപ്പൊ മഹർഷി പറഞ്ഞു ഇന്ന് നൂറു ദിവസമായി നീ വന്നിട്ട് മഹർഷിയാണ് കണക്ക് വെച്ചിരിക്കുന്നത് നൂറ് ദിവസമായി ഞാൻ അങ്ങേ പിരിഞ്ഞ് ആ ഒരു സ്ഥിതിയിലിരിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ മഹർഷി ചോദിച്ച ഒരേ ഒരു ചോദ്യം എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വ്രതമെടുത്തത് എന്ന് പറഞ്ഞപ്പോ നിനക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് പോട്ടെ പക്ഷെ ഈ പിരിഞ്ഞിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടത് അറിഞ്ഞുവല്ലോ അല്ലേ ചോദിച്ചു അത് വലിയൊരു ചോദ്യമാണ് നമുക്ക് സന്ധ്യാവന്തനാദികളൊക്കെ ബ്രാഹ്മണർക്ക് കഴിക്കുമ്പോ ശാസ്ത്രങ്ങൾ മീമാംസാ ശാസ്ത്രകാരന്മാർക്കും പറയണത്തെ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഒന്നും കിട്ടില്ല എന്നാണ് ചെയ്തിട്ടില്ലെങ്കിലോ പ്രത്യവായ ദോഷം വരും അതെന്താന്ന് നമുക്ക് വേദാന്തം പഠിച്ചിട്ടില്ലെങ്കിൽ പിടികിട്ടില്ലേ എന്താ അങ്ങനെ പറയണത്തതെന്ന് ചെയ്താലൊന്നും കിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യമായ ദോഷം വരും അങ്ങനെ വെച്ചാൽ എന്താ അർത്ഥം പുതിയതായിട്ടൊന്നും കിട്ടാനില്ല യു ആർ ഓൾറെഡി ഫുൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും വെച്ചാൽ നമ്മൾക്ക് ഉള്ളത് നഷ്ടപ്പെടും നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഗെറ്റ് അഡൾട്ടറേറ്റഡ് മറച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ സ്വരൂപ പ്രസന്നത മറഞ്ഞു സത്സംഗത്തിൽ എന്തെങ്കിലും കിട്ടാനല്ല നമ്മൾ നമ്മളുടെ സ്ഥിതിയിലിരിക്കാനാണ് സത്സംഗം എന്തെങ്കിലും കിട്ടാന്നല്ലോ അല്ലാതെ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഫല ഇച്ഛ വന്നാൽ തന്നെ സത്സംഗം പ്രയോജനപ്പെടില്ല നമ്മൾ കിട്ടണുണ്ടോ ആ സ്റ്റേജിലെത്തിയോ ഈ സ്റ്റേജിലെത്തിയോ അപ്പൊ നമ്മൾ ആരുടെ അടുത്തെങ്കിലും അരകുറകളുടെ അടുത്ത് പോയി കുടുങ്ങും ആളുകൾ ബോറിട്ടൊക്കെ വെക്കുന്നുണ്ട് ഇത്ര ദിവസത്തിൽ കുണ്ടലിന് ശക്തി ഉയർത്തി കൊടുക്കപ്പെടും ക്യൂ നിന്നിട്ടാ അത്ര പരിപാടി ഫലം വേണം എന്നാഗ്രഹിച്ചാൽ ഇങ്ങനെയൊക്കെ എന്തിലെങ്കിലുമൊക്കെ പോയിക്കും സത്സംഗത്തിൽ ഒരു ഫലവുമില്ല സത്സംഗത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വരൂപത്തിൽ നമ്മളുടെ സ്റ്റേറ്റിൽ നമ്മളുടെ സ്ഥിതിയിൽ ഇരിക്കുന്നു ഉള്ളൂ അവിടെ നമ്മൾ തന്നെ ദീപമാണ് നമ്മൾ ഓരോരുത്തരും വെളിച്ചമാണ് ആത്മദീപമാണ് ഞാൻ തന്നെ എനിക്ക് വെളിച്ചമാണ് ഓരോരുത്തരും അവനവന് വെളിച്ചമാണ് പ്രകാശമാണ് ആ പ്രകാശം ത്തിന്റെ മുമ്പിൽ അനേക പദാർത്ഥങ്ങൾ വന്നും പോയി കൊണ്ടിരിക്കുന്നു ബാല്യം കൌമാരം യൌവനം എന്നുള്ള അവസ്ഥകളൊക്കെ വന്നു ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥകളൊക്കെ വന്നു ആരോഗ്യം വ്യാധി മുതലായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു സുഖം ദുഃഖം മുതലായിട്ടുള്ള വികാരങ്ങളൊക്കെ വന്നു ഇതിനൊക്കെ ആ വിളക്ക് ഉദിക്കയും പിൻപൊലികൾ കണ്ടുപോയിടേണം നാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ പറയാണ് ആ പൊൻവിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ല ഇത് കണ്ടുപോയിടേണം എന്നാണ് ആ വിളക്ക് ഉദിക്കുകയോ പൊലികയോ ചെയ്യാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു ആ ദീപം ഉദിക്കുകയും പൊലിയുകയും ചെയ്യാതെ ജ്വലിക്കുന്ന ദീപമാണ് നമ്മളൊക്കെ അജ്ഞാനം കൊണ്ട് ാണ് എന്ന് ധരിച്ച് ഇനി വെളിച്ചം വരണമെന്ന് ആഗ്രഹിച്ചാൽ വെളിച്ചം വരികയേ ഇല്ല കാരണം ഇരുട്ടിന് വെളിച്ചത്തിനെ കാണാനേ ഒക്കില്ല വെളിച്ചത്തിന്റെ പ്രസൻസിൽ ഇരുട്ടിന് നിക്കാനേ ഒക്കില്ല ഇരുട്ടെങ്ങനെ വെളിച്ചത്തിന്റെ പ്രസൻസിൽ നിൽക്കും രാത്രിക്ക് എപ്പോഴെങ്കിലും സൂര്യനെ കാണാൻ ഒക്കുവോ അഥവാ സൂര്യന് രാത്രിയെ കാണാൻ നോക്കുവോ നമ്മളെ ഇരുട്ടല്ല നമ്മൾ ഇരുട്ടാണെങ്കിൽ എന്നും ഇരുട്ടാണ് ഇന്ന് ഇരുട്ടാണെങ്കിൽ എന്നും ഇരുട്ടായിരിക്കും നമ്മൾ ഇന്ന് സൂര്യനാണോ എന്നും സൂര്യനായിരിക്കും ഇന്ന് നമ്മളുടെ സ്വരൂപം വെളിച്ചമാണെങ്കിൽ എന്നും വെളിച്ചമാണ് വെളിച്ചമേ ഉള്ളൂ പ്രകാശമേ ഉള്ളൂ ജ്യോതിസേ ഉള്ളൂ അതാണ് ജ്യോതിഷാമപിത്ത ജ്യോതി തമസ്പരമുച്ചതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദയസർവസ്യ വിഷ്ടിതം എന്ന് ഭഗവാൻ ഗീതയില് പറയണത് ഭഗവാനെ പറഞ്ഞാലും സ്വീകരിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് ഭഗവാന് പറയാം എന്നാലും ഞാൻ ആ സ്റ്റേജ് എത്തിയിട്ടില്ലല്ലോ ആരാണ് ഈ പറയണത് ഈ ഞാൻ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല അവനാണ് അവനാരാ അതാണ് ഹുഅ്മ ഞാൻ ആര് ഭഗവാൻ പറയുമ്പോൾ അത് അങ്ങനെ എടുക്കാതെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്ന ഈ ഞാൻ ആരാണ് സ്വയമേവ ഒരു ജഡ്ജ്മെന്റും കൊണ്ട് പൊന്തി വരുന്ന ഈ ഞാൻ ആരാണ് ഈ ഞാൻ എവിടുന്നു പൊന്തും ആ ഞാൻ എവിടുന്ന് പൊന്തുണു എന്ന് ശ്രദ്ധിച്ചാൽ ആ ഞാൻ കപടമാണ് കള്ളമാണോ എന്ന് മനസ്സിലാവും ഈ ഞാൻ ഞാൻ ഞാൻ ഇടയിൽ പൊന്തി സദ്ഗുരുവോ ഭഗവാനോ പറയണത് പോലും സ്വീകരിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊന്തുന്ന ഈ അഹങ്കാരൂപത്തിലുള്ള ഈ ഞാൻ അതെവിടെ ഉദിച്ചുവോ ആ മൂലത്തിലടങ്ങിയാൽ പ്രകാശമേ നമ്മളുടെ നിജസ്വരൂപമായിട്ട് തീരും പ്രകാശോമേ നിജം രൂപം ആ പ്രകാശത്തിനെയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലെ ബാല്യാധിഷ്വി ജാഗ്രതാധിഷുതാ സർവാസു അവസ്ഥാസ്വപി അവസ്ഥകളൊന്നും സത്യമല്ല അവസ്ഥകളൊക്കെ വരുകയും പോവുകയും ചെയ്യും യോഗ സാധനകൾ ചെയ്തിട്ട് വരുന്ന അവസ്ഥകളും അതുകൊണ്ട് വരികയും പോവുകയും ചെയ്യും നിത്യമായി നിൽക്കില്ല കാരണം അവസ്ഥയായതുകൊണ്ട് തന്നെ അവസ്ഥകളൊക്കെ വരും പോകും നമ്മളുടെ സ്ഥിതി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഒരവസ്ഥയല്ല അത് സത്യസ്ഥിതിയാണ് അതുകൊണ്ട് അത് വരുകയോ പോവുകയോ ചെയ്യില്ല അവസ്ഥകളൊക്കെ ആണെങ്കിൽ വരും പോകും ജാഗ്രത ഒരവസ്ഥയാണ് അതുകൊണ്ട് പോകും സ്വപ്നം അവസ്ഥയാണ് പോകും സുഷുപ്തി അവസ്ഥയാണ് പോകും യോഗം കൊണ്ട് കാരണ ശരീരത്തിലേർപ്പെടുന്ന സമാധിയും അവസ്ഥയാണ് അതുകൊണ്ട് പോകും ജാഗ്രതാവസ്ഥയിലുള്ള പ്രവൃത്തി പോകും സ്വപ്നത്തിലുള്ള ചിന്ത പോകും സുഷുപ്തിയിലുള്ള സ്ഥിരത പോകും പക്ഷെ സ്വരൂപം ഒരിക്കലും പോവുന്നില്ല വരുന്നില്ല ചലിക്കുന്നില്ല ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രം ആ ഉണ്ട് എന്നുള്ള ആ ഉണ്മ ആ ഉണ്മ മാത്രം എക്സിസ്റ്റൻസ് അസ്തിത്വം അതിന് മാത്രം പോക്കില്ല വരവില്ല ചലനമില്ല നഷ്ടപ്പെടലില്ല ഇരുട്ടില്ല അതിന് അന്ധകാരമില്ല അതിന് ഒരിക്കലും അജ്ഞാനമില്ല ദുഃഖത്തിന്റെ സ്പർശമില്ല അശുദ്ധിയുടെ സ്പർശമില്ല സദാ അത് ആനന്ദവും പ്രകാശവും നിത്യത്വവും സ്വരൂപമായിട്ടിരിക്കുന്നു അത് നിത്യമാണ് അത് ആനന്ദരൂപം എന്ന് ശാന്തിയെ അതിന്റെ സ്വരൂപമാണ് അത് പ്രകാശമേ അതിന്റെ സ്വരൂപമാണ് ശാന്തി പ്രകാശം നിത്യത്വം സദാ അനുഭവപ്പെടുന്നതാണ് ഉജ്വലമായ ജ്യോതിസാണത് ശാന്തിയെ സ്വരൂപമായിട്ടുള്ളതാണത് അതിനെ നമ്മൾ എവിടെ പോയി തരും എവിടെ പോയി അന്വേഷിക്കും സത്സംഗത്തിൽ പറയുന്നു ആ ക്ഷണത്തിൽ ആ സ്ഥിതിയിലിരിക്കണം അല്ലാതെ പിന്നീട് ഹോംവർക്ക് പിന്നീട് വീട്ടിൽ ചെയ്ത് പോയിട്ടൊന്നുമില്ല ഇപ്പോ ഇവിടെ ഇഹചേത് അത് അഥ സത്യമസ്തീ നചേതിഹാവേദീൻ മഹതീ വിനഷ്ടിഹാണ് ഇവിടെ ഇപ്പോ അതിനെ പിടിച്ചാൽ സത്യം ഞാൻ പിന്നെ ചെയ്തോളാം എന്ന് വെച്ചാൽ മഹതീ വലിയ നഷ്ടം സംഭവിച്ചു പോകും കാരണം പിന്നെ എന്നുള്ളൊരു സമയമേ ഇല്ല എപ്പോഴും ഉള്ളത് ഇപ്പോ ആണ് അപ്പൊ പിടിച്ചോളണം സത്സംഗത്തിൽ പിടിച്ചോളണം കേൾക്കുന്ന ക്ഷണത്തിൽ ആ സ്ഥിതിയിൽ ഇരുന്നോളണം ആ സ്ഥിതി നമ്മുടെ സ്വരൂപ പൂർണ്ണതയാണ് സ്വതപൂർണമായ അവസ്ഥയാണ് ആ പൂർണതയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അതിൽ ത്രിപുടികി ഒന്നും ത്രിപുടിയുടെ ദൂഷ്യമൊന്നുമില്ല ആ സത്യത്തിനെ അറിഞ്ഞില്ലെങ്കിൽ ത്രിപുടികി ത്രിപുടി എന്ന് വെച്ചാൽ ഞാൻ ജഗത്ത് ഈശ്വരൻ അച്ഛൻ അമ്മ ഗുരു വ്യക്തിത്വം ഇങ്ങനെ അനേകവിധത്തിലുള്ള പ്രത്യേക പ്രത്യേക പ്രത്യേക വ്യക്തിത്വങ്ങളായി പൊന്തും വിശ്വം പശ്യാതി കാര്യകാരണതയാ സ്വസ്വാമിസമ്പിഷ്യ ആചാര്യതയാ തദിവതൃപുത്രാദി ആത്മനേത സ്വപ്ന ജാഗ്രതിവാ യഷ പുരുഷ മാഭ്രാമിത തസ്മൈ ശ്രീ ഗുരുമൂർത്തേ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തേ ഉള്ളത് ഒരേ ഒരാത്മവസ്തുവാൻ ആ ആത്മാവിൽ അഹങ്കാരം പൊന്നിട്ട് ഞാൻ ഇന്നാളാണ് ഇന്നാളുടെ പുത്രനാണ് ഇന്നയാളുടെ പേരക്കുട്ടിയാണ് എന്നൊക്കെ അഭിമാനം എന്നിട്ട് വ്യവഹാര വ്യവഹാരത്തിൽ അതില്ലെങ്കിൽ കഴിയില്ല വ്യവഹാരത്തിന് അനേകവിധ ഭേദങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു ഗുരു ശിഷ്യൻ അച്ഛൻ അമ്മ പുത്രൻ കാര്യകാരണ ബന്ധം ഇതൊക്കെ മായയുടെ ആ ഫീൽഡിന്റെ ഉള്ളിലുള്ളതാണ് ഇത് കാര്യം ഇത് കാരണം മണ്ണ് കാര്യം മണ്ണ് കാരണം കൊടം കാര്യം അതേപോലെ കോസ് ഇഫക്റ്റ് ഇത് ഒരു വലിയ കീറാമുട്ടിയാണ് അതാണ് ഇവിടെ വിശ്വം പശി കാണുന്നു എങ്ങനെ കാര്യകാരണതയാ കാര്യകാരണ രൂപത്തിലും സ്വസ്വാമി സംബന്ധത എന്റെ സ്വാമി ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ സ്വസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാ ശിഷ്യൻ ആചാര്യൻ പിതൃപുത്രാധ്യാത്മനാഭേദ ഭേദത അച്ഛൻ മകൻ ഇങ്ങനെ അനേക ഭേദങ്ങളോടുകൂടെ ജാഗ്രതാവസ്ഥയും സ്വപ്നാവസ്ഥയിലും വികൽപ്പങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു സ്വപ്നേ ജാഗ്രതി വ യേശ പുരുഷ ഈ പുരുഷൻ മായാപരിഭ്രാമിത മായകൊണ്ട് പരിഭ്രമിച്ചിരിക്കുന്നു അതിൽ നിന്നും ഉണരുമ്പോഴോ ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഇവിടെ നാനാത്വം അല്പം പോലും നാനാത്വത്തിന്റെ കണിക പോലും ഇല്ല എന്നുള്ളത് സ്വാനുഭൂതിക്ക് സിദ്ധമാവും സ്വപ്നത്തിൽ ഒരായിരം പേരെ കണ്ടിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആയിരം പേരുണ്ടാവുവോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരെങ്കിലും ഉണ്ടാവുവോ രണ്ടാമതൊരാൾ ഉണ്ടാവോ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ സ്വപ്നത്തിൽ കണ്ട ആയിരവും പോയി യഥാർത്ഥ ഞാൻ മാത്രം വസ്തുവായു പ്രകാശിക്കുന്നു അതുപോലെ ഏകമേവ അദ്വിതീയം കേവലം അവശിഷ്യതയെന്ന് ആ സ്ഥിതിയാണ് ഇവിടെ ആ ഉറക്കം വിട്ടുണരുന്ന അവസ്ഥ എന്ന് പറയുന്നത് സത്യമറിഞ്ഞ ആൾക്ക് സകലഭേദങ്ങളും വിട്ടുപോകും കണ്ണുടേ വള്ളലാർ പറയുന്നു ശിഷ്യൻ ഗുരുവിൽ നിന്നും തത്വോപദേശം സ്വീകരിച്ചു അപ്പൊ ഗുരുവിനോട് ചോദിക്കുകയാണ് സ്വാമി അവിടത്തേക്ക് ഞാൻ എന്ത് നിഷ്കൃതി ചെയ്യാൻ കഴിയും എന്തങ്ങ ഞാൻ തിരിച്ചു നൽകാൻ കഴിയും എന്ന് ചോദിക്കുമ്പോ ഗുരു പറയണത് തിരിഞ്ഞു നോക്കാതെ നടക്കാനാണ് ഇവിടെ ഒരാളുണ്ട് അദ്ദേഹത്തിന് ഞാൻ നിഷ്കൃതി ചെയ്യണം എന്ന് വീണ്ടും ദ്വൈതം എന്നെ ഉപദ്രവിക്കാതെ തിരിഞ്ഞു നോക്കാതെ നടക്കാം ഈ ഭേദങ്ങളൊക്കെ കൽപ്പിച്ച് ഭ്രമം ഉണ്ടാക്കാതെ ആ സ്ഥിതിയിൽ ഇരിക്കൂ കൈവല്യ നവനീതത്തിൽ ഗുരു പറയണത് അതാണ് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്താന്ന് വെച്ചാൽ ആ സ്ഥിതി ഞാൻ ഉപദേശിച്ച ആ നില ആ നിലവിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചലിക്കാതെ അവിടെ നിൽക്കുക അയ്യനെ അനന്ത ജന്മങ്ങൾ എന്ന ആണ്ട മെയ്യനെ ഉപദേശിക്കവന്ത ഗുരുവെ പോറ്റി ഇത് കൈവലനവനീയതത്തിൽ പറയുന്നൊരു ശ്ലോകമാണ് രമണാശ്രമത്തിലെ ഒരു പട്ടി ശങ്കരമാ പാട്ടിനുപാട്ടി കഥ എന്ത പുസ്തകത്തിലയുമേ ഇല്ല പണ്ണ വിരൂപത് കരു കരു കരു കഴ യാതെ പാട്ടിയും വിഴുവ വലയെല്ലാം പഠിക്കുന്ന ഉടക്കാൻ അപിയേ ഉത്യേക ധ്യാനം നിശ്ചലമാക്കി കേട്ടി ഉം കിട്ടേ പോലെ ഉം കിട്ട നിമ്മതിയ ശാന്തിയായി രഹസ്യം എന്നനപ്പ് ഇല്ലാമറക്കാ രഹസ്യം ചിത്തവൃത്തി ഇല്ലാതിരിക്കുന്നതാണ് രഹസ്യം ഞാൻ ചിത്തവൃത്തി ഇല്ലാതിരിക്കണു അതുകൊണ്ട് ശാന്തി അടുത്തിരിക്കുമ്പോ നീ എല്ല യും സണ്ടെറും പിടിക്കാ നമ്മളെ പിടിച്ചു നമുക്ക് വേണം മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് വേണം മറ്റുള്ളവരെ എന്നെ ഇഷ്ടപ്പെടണം അതിനനുസരിച്ച് ഞാൻ എന്റെ പെരുമാറ്റം മാറ്റി അതുപോലെ പെരുമാറി ഇനിയിപ്പോ ആ ബുദ്ധിമുട്ടിനൊക്കെ മനസ്സിനെ ഉപയോഗിക്കണം ഷിയർ വേസ്റ്റ് ഓഫ് എനർജി ശരീരം അതെങ്ങനെ എന്തോ ഇരുന്നോട്ടെ ഞാൻ എന്റെ സ്ഥിതിയിൽ ഇരിക്കണം നില എപ്പോഴും ശ്രദ്ധിച്ചത് അഞ്ചു വയസ്സിലേ ആണോ കല്യാണ അയച്ച് അഞ്ചു വയസ്സിലെ കല്യാണാച്ചു ആറ് വയസ്സിലയോ ഏഴു വയസ്സിലയോ വിധവ പഴയകാലത്ത് എപ്പിപ്പാശിഷ്ടം കൈവല്യ വനിതം ഇതി തമിഴില് വേദാന്ത പുസ്തങ്ങള അണുക്ക് തന്നെ പണി കൊടുപ്പർ അവർക്കർക്ക എങ്കരം എങ്കിലും കൂട്ടി പോണോ ഇതൊരേ ഒരു ആശിക്ക് ചിന് കുഴഞ്ഞ അങ്ങനെ കൂട്ടി അപടി തീരുവാമല ഇതേപോലെ കോവില വെച്ച അത് പൂജാതിയേതാ ജാനകി മാതാ കഥയമാതിരി പൂജ പണ്ടവരുടെ രമണ മഹർഷി തെരിഞ്ച് അങ്ങേ അത് പാട്ടിക്ക് സമാധി നില വന്നിട്ടു ആശ്രമത്തിക്ക് വന്ന് മഹർഷിയെ പാത്ത ഉടനെ എന്നോട് കുരുവ നമ്മ പാത്താച്ചു നമ്മ ഇതാ അറുക്ക പോറേ അടുക്കൊ സമയല് കൊഞ്ചാൾ ആകാ ആക ആക ഒരേ ഒരു സന്തേഹം എന്ന സന്തേഹം എല്ലാരും അവാവ സാധന പാനം പെന്താട്ടി ഒന്നും പണ്ടത് കിടാ ഉള്ള അപേ നരഞ്ച നിമ്മതി ശാന് അഗാധമാണ് ശാന്തി സന്തേഹം എന്നോ നാം ഭാവന പണിക്കേന ഇല്ല ഇത് അത് പൂർണ്ണ നിലയാണ് ഒരു സന്തേഹം ഇത് പോയി എപ്പാക്ഷാത്കാര നിലയിൽ കേട്ടു അവരുടെ പോയി ഒരു നാളെ മഹർഷി വന്ന സമയക്കെട്ടിലെ വന്ന് എപ്പും കൂടെ അവർ കിട്ടാവും ചാപ്പ് കീഴ ഇറങ്ങി വായി അലമ്പിൻ്റെ എനാണ്ടെയ്യനെ ഉപദേശിക്ക വന്ന ഗുരുവയെ പോറ്റി പൂരാട്ട് ഞാപ എന്നെ ആണ്ട അവിടുത്തെ കൃപ ആ കൃപക്ക് ഞാൻ എങ്ങനെ നിഷ്കൃതി നൽകും ഈ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ നിഷ്കൃതി നൽകും എങ്ങനെ തിരിച്ചെന്തെങ്കിലും തരാനൊക്കോ എനിക്ക് എന്ന് പറഞ്ഞു പാടിയപ്പോ ഏ അതെടുക്കരു ബതിൽ അടുത്ത പാട്ടിലെയേ ഇരിക്കേ അപർ ഭഗവാൻ തരണ്ട എനിക്ക് തരണ്ട ദക്ഷിണ അടുത്ത പാട്ടിൽ തന്നെ ഉണ്ടല്ലോ ആ പാട്ട് മഹർഷി തന്നെ പറഞ്ഞു ഇപ്പൊ ഇരിക്കണ ആ സ്ഥിതി ഉണ്ടല്ലോ ആ സ്ഥിതിയിൽ തന്നെ ഇരിക്കും ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ അത് പൂർണ്ണ സ്ഥിതി അത് പൂർണ്ണ നിലയിലേ നില്ല ആ പൂർണ്ണ സ്ഥിതിയിലേ നിൽക്കൂ അതാണ് എനിക്ക് തരണ ദക്ഷിണ അതാണ് എനിക്ക് തരുന്ന നിഷ്കൃതി അതാണ് കൺഫർമേഷൻ അവരൊക്കെ അങ്ങനെയിരുന്നു ഒതുങ്ങി പൂർണ്ണ സുഖസ്വരൂപികളായി ഇരുന്ന് ശരീരം ഉപേക്ഷിച്ച് അങ്ങനെ കുറെ മഹാത്മാക്കൾ സൈലന്റ് റവല്യൂഷനാണ് രമണ മഹർഷിയുടെ ജീവിതം രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതമെങ്കിലും പിന്നെയും കുറച്ചൊക്കെ അറിയാം പുറത്ത് വിവേകാനന്ദൻ മൂലം മറ്റ് ശിഷ്യന്മാരുടെ കഥകളൊക്കെ അറിയാം ഇവിടെ കൂട്ടത്തോടെ ഗോവിന്ദാ ചൊല്ലോമേ അത് കൂട്ടത്തോടെ ജ്ഞാനനിലയെ അടഞ്ഞ ഒരു സൈലന്റ് റവല്യൂഷൻ എത്ര കണ്ട് പ്രൊപ്പഗേഷൻ പുറത്തുണ്ടോ അത്ര കണ്ട് സ്പിരിച്വാലിറ്റി പോയിപ്പോവും എത്ര കണ്ട് പുറമേക്ക് പ്രചാരവും അറിയിപ്പിക്കലും അഡ്വർടൈസ്മെന്റും ഒക്കെ ഉണ്ടോ അവിടെ ഒന്നും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ മുഴുവനും ഉണ്ടായിരുന്നു എത്ര പേരാണ് സ്ഥിതിയിൽ നിന്നത് എത്ര പേർ ആ അവസ്ഥയിൽ നിന്നും എത്ര പേരാ മലയൊഴുങ്ങോ പേര് ആരും ചൊല്ല തൃടനുക്ക് തേൾ കൊട്ടി മാതിരി ഇരുന്ന് നമ്മളുടെ ഒക്ക അവസ്ഥയെത്താണ് നമ്മളൊക്കെ ആ സ്വരൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അതിലാണ് ഇരിക്കണതെന്ന് അറിഞ്ഞ് ശ്രദ്ധിക്കണം ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് അറ്റൻഷൻ ടു ബോഡി ആൻഡ് മൈൻഡ് പേ അറ്റൻഷൻ ടു ദ ഡെപ്ത് ടു ദ ബിയോണ്ട് വെർ യു റിയലി സ്റ്റേ വെയർ ലൈസ് യുവർ സോഴ്സ് യുവർ എക്സിസ്റ്റൻസ് ഹു ആ സ്വരുപിതി നമ്മുടെ സ്വന്തമാതോ മഹസിമേവ തോന്നും മമ കിച്ചി അതിയേഷ്ടം കൂരുമാതൈവത്മനം രമണം ഭജ